നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുവിൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് സമൃദ്ധമായി ഭക്ഷിക്കുവിൻ വിനീതരായി ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയും പാപമോചനം എന്നു പറയുകയും ചെയ്യുക എങ്കിൽ നിങ്ങളുടെ തെറ്റുകൾക്ക് നാം മാപ്പു നൽകുന്നതാണ് സൽക്കർമ്മം ചെയ്യുന്നവർക്ക് നാം കൂടുതൽ നൽകുകയും ചെയ്യും എന്ന് നാം പറഞ്ഞ സന്ദർഭമോർക്കുക